നമസ്കാരം പൂർത്തിയാക്കിയാൽ നിങ്ങൾ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നിങ്ങളുടെ വശങ്ങളിലേക്ക് ചരിഞ്ഞുകൊണ്ടും അല്ലാഹുസുബാനഹൂവറ്റാനായെ സ്മരിക്കുക നിങ്ങൾ സമാധാനമായി കഴിഞ്ഞാൽ നമസ്കാരം നിർത്തുക തീർച്ചയായും നമസ്കാരം വിശ്വാസികൾക്ക് നിശ്ചിത സമയങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാകുന്നു